നിശ്ചിത ദിവസങ്ങളാണത് എന്നാൽ നിങ്ങളിലാരെങ്കിലും രോഗിയോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ പകരം നോമ്പനുഷ്ഠിക്കണം നോമ്പെടുക്കാൻ പ്രയാസമുള്ളവർ ഒരു മിസ്കീനിന് ഭക്ഷണം നൽകി പ്രായച്ചിത്തം ചെയ്യേണ്ടതാണ് എന്നാൽ ആരെങ്കിലും അതിലധികം സന്നദ്ധമായി നൽകുകയാണെങ്കിൽ അതവന് ഉത്തമമായിരിക്കും എന്നാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് നിങ്ങൾക്കേറ്റവും ഉത്തമം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ